രാമായണ ഒന്നാം സ്ഥലം അടുത്തൊരു കഥയിലാണ് തുടങ്ങുന്നത് സുതീഷ്ണൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ സംശയാലുമാണ് അഗസ്തി എന്ന് പറയുന്ന ഒരാളുടെ ഒരു മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് സംശയമുള്ളതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ എന്താണ് ആ ചോദ്യം സുതീക്ഷണ വാച്ച് ഇതിൽ കഥയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കൂ ബാക്കി മലയാളം പറയത്തേ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാതെ നീണ്ടുപോകും ചോദ്യം കാരണം കർമ്മം ജ്ഞാനം വാ മോക്ഷസാധനം ഉഭയം വാ വിനിശ്ചിത്യ ഏകം കഥയ കാരണം കുറച്ചുള്ളവർക്ക് നോക്കാൻ മാറാമത്തെ പദ്യവും മോക്ഷ കാരണം മോക്ഷത്തിൻ്റെ കാരണം എന്താണ് കർമ്മമാണോ അതോ ജ്ഞാനമാണോ ഉഭയഭാ അത് രണ്ടും കൂടെയാണ് ജ്ഞാനവും കർമ്മവും കൂടെയാണോ രണ്ടും കൂടെ ചേർന്നതാണോ നിനിശ്ചിത്യ ഇതിനെനിക്ക് കൃത്യമായ ഉത്തരം വേണം എന്താണ് എന്നുള്ള കൃത്യമായി പറയണം അതിന് അഗസ്ത്യുടെ മറുപടിയാണ് ഈ മറുപടി നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് പക്ഷേ പറയുന്നവർക്കാർക്കും ഇത് വാസിഷ്ഠത്തിൽ പറഞ്ഞാണെന്നുള്ള അറിയത്തില്ല അതുകൊണ്ട് നമ്മളോട് പറയാറില്ല ഉഭാഭ്യമേവ പക്ഷാഭ്യാം യഥാഘ്യ പക്ഷിണാംഗതി തഥൈവ ജ്ഞാനകർമ്മഭ്യാം ജായതേ പരമം പദം ഉപാഭ്യാമിയ മോക്ഷാഭ്യാം രണ്ട് ചിറവുകൾ കൊണ്ട് എങ്ങനെയാണോ കെ പക്ഷിണാങ്കി ആകാശത്തിൽ പക്ഷികൾ സഞ്ചരിക്കുന്നത് രണ്ട് ചെറുകും വേണമെന്ന് തഥൈവ അതുപോലെ തന്നെ ജ്ഞാനകർമ്മഭ്യാം പരമം പദം ജ്ഞാനത്തെ ജായത്തെ ജ്ഞാനവും കർമ്മവും രണ്ടും കൊണ്ടാണ് മോക്ഷം അതിന് വളരെ മനോഹരമായൊരു ഉദാഹരണം കൊടുത്തു പക്ഷികൾക്ക് പറക്കുന്നതിന് രണ്ട് ചിറകും വേണം ഒരു ചിറകും പറക്കാൻ പറ്റില്ല അപ്പം മോക്ഷമാർഗത്തിൽ ജ്ഞാനത്തിനും കർമ്മത്തിനും പ്രാധാന്യമുണ്ട് രണ്ടും ആവശ്യമാണ് തുല്യ പ്രാധാന്യമാണ് എന്ന് പറയാം കേവലാ കർമ്മണോ ജ്ഞാനാ ഈ മോക്ഷോ വിചാരിതയെ എന്തുപാഭ്യമാണ് ഭവൻ മോക്ഷ സാധനം തുഭയം വിതു കേവലാത് കർമ്മണ കേവലാത് ജ്ഞാനാത്മാ കേവലം കർമ്മം കൊണ്ട് അല്ലെങ്കിൽ കേവലമായ ജ്ഞാനം കൊണ്ട് ഒറ്റയ്ക്ക് മോക്ഷ നഹി അഭിചായതയും മോക്ഷം ഉണ്ടാകത്തില്ല ഹിന്ദു മറിച്ചന്താണ് ഉഭാഭ്യാം രണ്ടും കൊണ്ടാണ് മോക്ഷ ഭവേ ഉഭയം സാധനം ഇതുഹു അതുകൊണ്ട് രണ്ടിനെയും മോക്ഷ സാധനമായി സ്വീകരിക്കും നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഉദാഹരണം കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഉറവിടെ ഇവിടെ ആയിരം വെച്ച കാര്യമാണ് അത് നമുക്കറിയത്തില്ല ഞാൻ ഈ ഉദാഹരണം ആദ്യം കേൾക്കുന്നത് എത്രയോ വർഷങ്ങൾക്കും ആദ്യമായി ഉദാഹരണം വായിച്ചത് ഗാന്ധിജിയുടെ അനാസക്തി യോഗം വായിക്കുമ്പോഴാണ് സന്യാസനത്തൊക്കെ മുമ്പ് അന്ന് ഞാൻ വെറുതെ സംശയിച്ചു പോയി ഗാന്ധിജി ഇത്രയും വലിയ ബുദ്ധിമാനാണോ ഇത്രയൊക്കെ പറയാനുള്ള അറിവുണ്ടോ ആധ്യാത്മികമോ എന്ന് ഞാൻ സംശയിച്ചു അന്ന് എനിക്കറിയില്ലായിരുന്നിത് വാസിഷ്ടത്തിലുള്ള ഒരു കാര്യമാണെന്നറിയില്ലായിരുന്നു ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനവും കർമ്മവും രണ്ടും മോക്ഷത്തിന് കാരണമെന്ന് പറയുമ്പോൾ ഇവിടെ പൊതുവെ വാസ്തു സ്വീകരിച്ചിരിക്കുന്നത് അദ്വൈതത്തിൻ്റെ രീതി തന്നെയാണ് അദ്വൈതം കർമ്മം കൊണ്ട് ചിത്തശുദ്ധി അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും പിന്നെ ജ്ഞാനം കൊണ്ട് മോക്ഷം അത് തന്നെയാണ് അതായത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ അല്ല പറയും അത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിന് അവതാരി എഴുതിയിരിക്കുന്ന ഒരാൾ ഇംഗ്ലീഷിൽ അവതാരി എഴുതിയയാൾ ഇതേ പണ്ഡിതനാണ് ഇത് വെച്ചുകൊണ്ട് പുള്ളി പറയുന്നത് വാസിഷ്ടത്തിൽ പറയുന്നത് ജ്ഞാനകർമ്മ സമുച്ചയമാണെന്ന് അതങ്ങനെയല്ല ജ്ഞാനകർമ്മ സമുച്ചയമല്ല അത് ഭക്ഷ്യക്കാരന് മുമ്പ് ജീവിച്ചിരുന്നു യാദവ പ്രകാശനും ഭാസ്കരാചാര്യനും പോലും അല്ല യാദവ പ്രകാശൻ പിന്നീട് ഭാസ്കരാചാര്യനും വൃത്തികാരനും പോലെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞൊരു ആശയമാണ് അത് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതല്ല ഇവിടെ പറയുന്നു അതിന് സമസമുച്ചയം എന്ന് പറയും ഇവിടെ പറയുന്നു ക്രമസമുച്ചയം ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഈ അവതാരി എഴുതിയാണ് പറഞ്ഞു ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയമാണ് പിന്നെ മറ്റ് ചില താരണകളുണ്ട് അത് നമുക്ക് മുമ്പോട്ട് അതിൻ്റെ സന്ദർഭം വരുമ്പം പറയും അപ്പോൾ കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ജ്ഞാനം കൊണ്ട് മോക്ഷം അത് തന്നെ സ്വീകരിച്ചിരിക്കുന്നു ഇനി ഇത് പറഞ്ഞിട്ട് അഗസ്തി സുതീഷ്ണനോട് പറയും ഇനി ഈ കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം എന്താണ് അഗ്നിവേശ്യൻ എന്ന് പറയുന്ന ഒരു വേദ വേദാംഗങ്ങളെല്ലാം അധ്യയനം ചെയ്ത ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു അദ്ദേഹത്തിന് കാരുണ്യൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു മകനെ ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുകുലത്തിൽ കൊണ്ട് ചേർത്തും അഡ്മിഷൻ എടുത്തു വേദവേദാംഗങ്ങളെല്ലാം മകൻ അവിടെ നിന്ന് പഠിച്ചു പഠിച്ച് സമാവർത്തനം കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വന്ന് ആരുടെ വീട്ടിൽ ആരുടെ വീട്ടിൽ അഗ്നി അതറിയുക അതുങ്ങൾ ശ്രദ്ധിക്കുന്നുകൊണ്ടറിയാനാണ് ഞാൻ ഈ ചോദിക്കുന്നു അഗ്നിിവേശിൻ്റെ വീട്ടിലേക്ക് വന്ന് ആരാ കാരുണ്യം എന്ന് മറന്നുപോയി കാരുണ്യൻ മടങ്ങി വന്നു മടങ്ങി വന്നിട്ട് ആള് വീട്ടിൽ വന്നു വീട്ടിൽ മുറി അടച്ചൊരിപ്പ് അപ്പൊ ഇത് കണ്ടപ്പോ അച്ഛന് വളരെ പ്രയാസമുണ്ടായി ആരാണച്ഛൻ ഇതിനു വേശി അപ്പോ എന്താ ഇതെല്ലാം പഠിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സായംപ്രാത്ത അഗ്നിഹോത്രം രാവിലെയും വൈകുന്നേരവും ചെയ്യാനുള്ള അഗ്നിഹോത്രം ചെയ്യണം അതാണ് ചെയ്യേണ്ടത് പിന്നെ അത് ചെയ്താൽ മാത്രം പോരാ വിവാഹം കഴിക്കണം ഭാര്യ വേണം മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇയാളുടെ പോക്ക് കണ്ടിട്ട് ഇതിനൊന്നും തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് അപ്പോ അഗ്നിവേശന് സങ്കടം വന്നു അഗ്നിവേശൻ മോനോട് ചോദിച്ചത് നീ എന്താണ് ഈ ശാസ്ത്രം ഇത്രയും പഠിച്ചിട്ടും ശാസ്ത്രവിധിയനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നില്ല അതനുസരിച്ച് നീ ജീവിക്കുന്നില്ല എന്താണ് അതിന് മകൻ പറയുന്ന മറുപടിയാണ് യാവജ്ജീവം അഗ്നിഹോത്രം നിത്യം സന്ധ്യ ഉപാസയെ പുസ്തകമുള്ളവർക്ക് നോക്കാം പതിനാലാമത്തെ മന്ത്രം പദ്യം പ്രവൃത്തി രൂപോ ധർമ്മോയം ശ്രുത്യാ സ്മൃത്യാചോദിത അപ്പോ കരുണ്യം പറയാൻ എനിക്ക് കാര്യങ്ങൾ എല്ലാം അറിയാം എന്താണ് യാവജ്ജീവം അഗ്നിഹോത്രം ജൂയ ഇവിടെ ഈ പറയുന്നതിൻ്റെ മുഴുവൻ പ്രമാണങ്ങൾ ശ്രുതിയിൽ നിന്നും മറ്റും വ്യാഖ്യാനത്തിൽ കൊടുക്കും താല്പര്യമുള്ളവരതൊക്കെ വായിച്ചു നോക്കണം മരണം വരെ അഗ്നിഹോത്രം ചെയ്യണമെന്നാണ് സന്ധ്യ ചെയ്യണമെന്നാണ് വിധിച്ചിരിക്കുന്നത് എനിക്കറിയാം എന്നാൽ നധനേന ഭവേൻ മോക്ഷ കർമ്മണ പ്രജയാനവ ത്യാഗമാത്രേണക്കിം തൂഗേ എതയോ അശ്നന്തിജാമൃതം നർമ്മണ പ്രജയാധനേ ത്യാഗേന ഏകേ എന്നും പറയുന്നുണ്ട് ഇതും ശ്രുതി തന്നെ പറയുന്നത് കൈവല്യ ഉപനിഷത്തിൽ ധനം കൊണ്ട് മോക്ഷമില്ല കർമ്മം കൊണ്ട് മോക്ഷമില്ല പ്രജയം കൊണ്ട് മോക്ഷമില്ല ഏകേ യഥേഹ അമൃതം അശ്വനന്തി ത്യാഗമാത്രേണം എന്നാണ് കേവലം ത്യാഗം കൊണ്ടാണോ പക്ഷെ ഇതും പറഞ്ഞിരിക്കുന്നു രണ്ട് ശ്രുതികളിൽ പറയുന്നു ചോദിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം ശ്രുതി രണ്ടും പറയുന്നു എന്താണ് സന്ദിഗ്ധതാം ഗത്വ കർമ്മണി തൂഷ്ണീം ഭൂതോ അസ്മി ഞാൻ ഈ കാര്യത്തിൽ സംശയമുള്ളവനായിട്ട് സംശയിച്ചിട്ടാണ് എനിക്ക് സംശയമുണ്ട് കർത്തരി നിഷ്ഠയാണ് സന്ദിഗ്ധതാം ഗത്വ അസ്മി എന്ന് പറയാൻ പറ്റും അഹമസ്മി എന്നാണ് കർത്താവ് വരുമ്പോഴേ അങ്ങനെ അഹമസ്മി എന്ന് പ്രയോഗിക്കാൻ പറ്റും എനിക്ക് മയാ എന്ന് പറയാം അപ്പൊ ഞാൻ സന്ദേഹത്തെ ഇതെല്ലാം എൻ്റെ വ്യാഖ്യാനത്തിലുണ്ട് വായിച്ചു നോക്കാം വ്യാഖ്യാനത്തെ ആവശ്യവരുടെ നോക്കിക്കൊള്ളണം ഞാനത് അങ്ങോട്ട് കിടക്കുന്നില്ല ആവശ്യം അത്യാവശ്യങ്ങളെടുത്ത് മാത്രമേ ഞാൻ വ്യാഖ്യാനത്തെ നോക്കൂ കാരണം ഈ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ഒരു നല്ല വ്യാകരണ പണ്ഡിതനാണ് വേദാന്ത പണ്ഡിതനാണ് അതുകൊണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് പിന്നെ ഭാഷയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ചില ശ്രമങ്ങളിൽ പറയാം ഇപ്പം ഞാനാ സന്ദേഹത്തിലാണ് അതുകൊണ്ടാണ് കർമ്മണിൽ തൂഷ്ണിയും ഭൂത ഇവിടെ തൂഷ്ണിയും ഭൂതനായിരിക്കുക എന്ന് നമ്മൾ സാധനായിരിക്കുന്നില്ല ഒന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല എന്താ അർത്ഥം ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നു അവിടെ ഒന്നും അവന്നും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഞാനിരിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അരുണ്യൻ മിണ്ടാതിരുന്നു മൗനമാകത്തു ഈ രണ്ടഭിപ്രായം കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ആരാരോട് പറഞ്ഞു അഗ്നിവേശ്യനോട് ആരുണ്യൻ എന്ന് മകൻ പറഞ്ഞു അപ്പോൾ അഗ്നിവേശ്യം പറയണേ ശരി അടുത്ത കഥ പിടിച്ചോ രണ്ടാമത്തെ കഥയാണ് ഇതുപോലെ നൂറ് കണക്കിന് കഥകളാണിതിന് എന്നാൽ ഞാനിനി ഒരു കഥ കഥ പറഞ്ഞു തരാം അതൊരു നീണ്ട കഥയാണ് അത് നീ മനസ്സിലാക്കണം എന്താണ് ആ കഥ സുരിചി എന്ന് പറയുന്ന ഒരു അപ്സരസ് ഹിമാലയത്തിൻ്റെ ഒരു കൊടുമുടി അതിൻ്റെ മുകളിൽ കയറി പ്രത്യേകിച്ച് വരെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് അപ്സരസുകൾക്ക് ഇതുപോലെ പാചകം ഇങ്ങനെയുള്ള ഒരു ഫ്രീയാണ് എല്ലാ സങ്കല്പം കൊണ്ടെല്ലാവർക്കും കിട്ടും അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എപ്പോഴും ഇങ്ങനെ ആകാശത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് കൊടുങ്കൊടികളൊക്കെ പോയി മാനവമൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് ഹിമാലയത്തിൻ്റെ ശിഖരമാണ് അവിടെ എട്ടന്മാരും കിന്നരന്മാരും എല്ലാം അവിടെയുണ്ട് മയൂരങ്ങൾ നൃത്തം ചെയ്യുന്നു ഗംഗ ആ ശിഖര ത്തിന് ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ മനോഹരമായ ഒരു രംഗത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്തോടെ എന്താ പോകുന്നത് വളരെ വേഗത്തിൽ അതാരാണ് പോയത് ഇന്ദ്രൻ്റെ ഒരു ദൂതന അങ്ങനെ പോവുകയാണ് ഉടനെ തന്നെ സുരുചി വിളിച്ചു ഒന്ന് നിൽക്കണേ എന്താ ഇത്ര വേഗത്തിൽ എങ്ങോട്ട് പോകുന്നു മലയാളികളുടെ സ്വഭാവമാണ് വഴിയിൽ ആരെങ്കിലും പോകുന്നുണ്ട് വെറുതെ ഒരു കാര്യമില്ല എങ്ങോട്ട് പോകുന്നു തനിക്കെന്താ കാര്യം ഞാൻ അങ്ങോട്ടോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും പക്ഷേ പറയാൻ പറ്റുമോ മലയാളിയല്ലേ നമ്മൾ അതേ സ്വഭാവം അനുസരിച്ച് വഴിയ പരത്തം പോകുന്നു ചോദിക്കുകയാണ് പോകും ഉടനായിട്ട് തിരിച്ചെന്ന് പറഞ്ഞാൽ അത് ഞാൻ അരിഷ്ടനേമി എന്ന് പറയുന്ന ഒരു രാജാവ് വളരെ വിരക്തനായി ഉത്തരനെ രാജ്യഭാരമല്ല ഏൽപ്പിച്ചു ഇത് പഴയ സമ്പ്രദായമാണല്ലോ അവിടുത്തെ രാജാവ് വയസ്സായി മക്കൾ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ എന്തിയും എല്ലാം ഉപേക്ഷിച്ച് നേരെ ആശ്രമത്തിലേക്ക് പോവും ഇന്നാണ് ആശ്രമത്തിൽ പോകുന്നത് അന്നങ്ങനെയല്ല ഇവിടെ പോകും വനത്തിലേക്ക് പോവും അവിടെ ഇത് തപസ് ചെയ്യും അങ്ങനെ അദ്ദേഹം ഗന്ധമാതന പർവ്വതം അന്നെല്ലാവരും തപസ്സിന് പോകുന്ന ഒരു നല്ല പർവ്വതമാണ് അവിടെ പോയി തപസ്സി അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു ആ പണികളെല്ലാം ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് കാര്യങ്ങളെല്ലാം ഇന്ദ്രനോട് പറയാനുണ്ട് എന്നാണ് പറയുന്നത് ആരാ പറയുന്നു ഇന്ദ്രദൂതൻ പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്ദ്രദൂതൻ എന്നേ ഇത് കേട്ടപ്പോ സൂര്യജി എന്ന ഈ അപ്സരസിനും പൊതുവെ സ്ത്രീ സ്വഭാവമാണ് പരദൂഷണം കേൾക്കുന്നു വളരെ ഇഷ്ടമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണോ എന്ന് സ്ത്രീകൾ പറയും എന്താണോ അപ്സരസിനപ്പോൾ ജിജ്ഞാസ അടക്കാൻ പറയുന്നു എന്നാ ഉദ്യോഗം കടത്തു മറസി അവിടെ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കരുത് നീ പറ ഉദ്യോഗം എന്ന് വെച്ചാൽ ടെൻഷൻ എന്നാണ് അല്ലേ എന്തെങ്കിലും അവിടെ ഇവിടുന്ന് ചകലം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചെവി ഇങ്ങനെ ഓർമ്മിച്ച് കുടിക്കും ബാക്കി ഇവിടെ കേൾക്കാൻ കേട്ടില്ലെങ്കിൽ ബാക്കി വൃത്താന്തം ഉണ്ടാക്കും സ്വന്തം കൽപ്പനയിൽ ഉണ്ടാക്കി പറയും പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ സ്ത്രീകളെ ഞാൻ കുറ്റം പറയാൻ ആശ്രമങ്ങളിലാണെങ്കിൽ വളരെ കൂടുതലാണ് അവർക്ക് വേറെ പുറമെയുള്ള വൃത്താന്തമൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് പരസ്പരം വൃത്താന്തങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ആനന്ദിക്കുക എന്നുള്ളത് അപ്പൊ ഇവിടെ ചോദിച്ചു എന്താണ് എന്നാൽ ഉദ്യോഗം കടത്തും മരകസി നീ എനിക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാതെ നിക്ക് മുഴുവൻ പറയും എന്തൊക്കെയാണ് സംഭവിച്ചത് അപ്പോഴാണ് പറയുന്നത് ശരി എന്നാൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം എന്താണ് ഈ രാജാവ് ആരാണ് രാജാവ് പേര് അരിഷ്ട എന്ന് പറയുന്ന ഈ രാജാവ് ആ ഇരുന്ന് കഠിനമായ തപസ് ഈ തപസ് സാറിന് ഈ തപസ്സ് മൂക്കുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാ പുരാണങ്ങളിലും നമ്മൾ വായിച്ചറിയാം തപസ്സ് മൂക്കും അപ്പോൾ തപസ് ചെയ്യാന മൂത്ത് മൂത്ത് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇത് ഇന്ദ്രൻ്റെ ചെവിയിലെത്തി ഒരു സ്വഭാവം എന്താണോ എപ്പോഴും തപസ് ചെയ്യുന്ന ഇഷ്ടമുള്ളൂ വേറെ എന്ത് വേണോ ചെയ്യാം വേറെ എന്ത് വേണ്ടാതീനം വേണമെങ്കിലും ചെയ്യാം എന്താണ് തപസ് ചെയ്യുന്ന മാത്രം ഇഷ്ടമല്ല സാറിന് മതാ മാതാപിതാക്കളെ പോലെയാണ് മക്കൾ കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല ഗൾഫിൽ പോയാൽ കുഴപ്പമില്ല എന്ത് വൃത്തിയടി ആരും കുഴപ്പമില്ല ആശ്രമത്തിൽ മാത്രം പോലും സന്യസിക്കരുത് ഇതേ സ്വഭാവമാണ് എന്ത് ഇന്തിൽ തപസ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഉടനെ എന്ന് ഈ പറഞ്ഞ കക്ഷിയെ ഈ ദേവദൂതനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നല്ല പ്ലെയിൻ എടുക്ക് വിമാനം വിമാനകം അതിനകത്ത് വേണ്ട സാമഗ്രികളെല്ലാം എന്താണ് ആ വിഷയത്തിലുള്ള അപ്സരസുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഇത് കേറ്റുക പോരാതെ എന്താണ് ഗന്ധ ഗന്ധർവ സിദ്ധ യക്ഷ കിന്നരമാരെല്ലാം ഇവരുള്ള പല പണികളും ചെയ്യുന്നവരാണ് ഇവരെല്ലാം അത് പോരാതെ താള വേണം മൃദംഗം എന്തൊക്കെയുണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടൊരു അടിപൊളി പരിപാടിയായിട്ട് നേരെ അങ്ങോട്ട് പോവുക ഇവിടെ ഗന്ധമാതന പ്രവൃത്തി എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് തപസിയായാലും അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഉടനെ തന്നെ ദൂതൻ എന്ത് ചെയ്തു ഇതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നേരെ അവിടെ ചെന്നു എന്നിട്ട് എന്താ പറഞ്ഞത് അവിടെ പോയി ഇതൊക്കെ കൊണ്ട് ഒന്ന് ഇളക്കുക ഇയാളുടെ ബസ്സിന് എന്നിട്ട് ഇയാളെ പ്ലെയിന് കയറ്റി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു ദൂതൻ നമുക്ക് ആയിരം വർഷം മുമ്പേയാണ് ഇദ്ദേഹം പ്ലെയിനിന്റെ കാര്യം എഴുതിയിരിക്കുന്നത് അപ്പൊ പ്ലെയിന് വാസ്തവത്തി ആരാ കണ്ടുപിടിച്ചത് നമ്മുടെ ഋഷിമാരാണ് ഒരു സംശയവും വേണ്ട ഇരിക്കും അപ്പോൾ വിമാനത്തിലെ ഈ സാമഗ്രിയൊക്കെ ആയിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം പൊട്ടിയെല്ലാം കാണിച്ചു വായിച്ചൊക്കെ കേൾപ്പിച്ചു എന്താണ് താലം വേണം മൃദംഗം അപ്പോൾ ഇദ്ദേഹം അരിഷ്ടുഭവിച്ചു എന്തായി വേണമൊക്കെ എന്താ കാര്യം എന്താ ഇങ്ങോട്ട് വന്ന് കാര്യം പറഞ്ഞു ഇന്ദ്രൻ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിൽ കയറി നമുക്ക് അങ്ങോട്ട് പോകാം എന്ത് കാര്യത്തിനാണ് പറയുന്നു സ്വർഗമെന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ഇവിടെ നിന്ന് തപസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല സ്വർഗമെന്ന് പറയുന്ന വളരെ വിശിഷ്ടമാണ് കാരണം ഈ തപസ്സ് വളരെ മൂത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ ഇന്ദ്രനാകും അതാണ് പ്രശ്നം നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം അവിടെ അടിച്ചു പൊളിച്ച് കഴിയാവുന്നുണ്ട് അപ്പൊ ചോദിച്ചു അപ്പോൾ അരിഷ്ടം ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശരി സ്വർഗത്തിൽ വരാം പക്ഷേ എനിക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള എല്ല മൈന്യൂട്ട് ഡീറ്റെയിൽസ് കിട്ടും എന്നല്ലേ ഞാൻ വരത്തുള്ളൂ ഗുണാ ദോഷ അശ്ചക്യെ തത്ര സ്വർഗേ വധ മമാഗ്രത മുപ്പത്തിയഞ്ച് സ്വർഗത്തിൽ എന്തൊക്കെ ഗുണമുണ്ട് എന്തൊക്കെ ദോഷമുണ്ട് ദോഷമുണ്ടെങ്കിൽ വരത്തില്ല അത് തന്നെ അതിന് ദൂതൻ പറയുന്ന മറുപടിയാണ് മുപ്പത്തിയാറ് സ്വർഗെ പുണ്യസ്യ സാമഗ്രിയ ഭുജ്യതയെ പരമം സുഖം ഉത്തമേനത് പുണ്യേന പ്രോപ്തി സ്വർഗം ഉത്തമം ഈ സ്വർഗം പുണ്യം കൊണ്ടാണ് സ്വർഗത്തിലെത്തുന്നത് പക്ഷേ അവിടെ ചെല്ലുന്നവരിൽ ഉത്തമ പുണ്യമുള്ളവരുണ്ട് ശ്രേഷ്ഠമായ പുണ്യം ഉള്ളവരുണ്ട് അവർക്കാണെങ്കിൽ അവിടെ പരമസുഖമാണ് ഇനി മധ്യമേന യഥാ മധ്യസ്വർഗോ ഭവതി നാന്യത ഇനി മധ്യമസ്വർഗമുണ്ട് എന്ന് വെച്ചാൽ മധ്യമ പുണ്യമുള്ളവർക്ക് എന്താണ് അവിടെ മധ്യമ സ്വർഗുണി ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ എന്നൊക്കെ പറയും പോലെ തന്നെ ഇതിലും വ്യത്യാസമുണ്ട് കനിഷ്ഠേന പുണ്യേന സ്വർഗോഭവതി താദർശം ഇനി കുറഞ്ഞ പുണ്യമാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുഖവും പറയും അതുകൊണ്ട് സ്വർഗത്ത് പോകാൻ തയ്യാറെടുക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് എന്ത് ഉത്തമ പുണ്യത്തെ സമ്പാദിച്ചോളും അതിനുവേണ്ട തപസ്സോ എന്തെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തോളും പക്ഷേ ഇനി ഇതൊക്കെ അവിടുത്തെ നല്ല കാര്യം പക്ഷേ അവിടെ വേറൊരു പ്രശ്നം കൊണ്ട് എന്താണ് പരോത്കർഷ അസഹിഷ്ണിത്വം സ്പർജ സ്പർദ്ധ ചെയ്യവ സമയിച്ചത്തെ ഈ കനിഷ്ടേഷ പക്ഷേ അവിടെ എന്താണ് ഈ കനിഷ്ഠന്മാരിൽ ഈ താഴ്ന്ന പുണ്യമായിട്ട് അവിടെ പോകുന്നവരുണ്ടല്ലോ അവർക്ക് ഈ ഉയർന്ന പുണ്യ കാണുമ്പോൾ എന്താണ് പര ഉത്കർഷ അസഹിഷ്ണിത്വം അതുവരെ ഉയർന്നുയരുന്ന സ്ഥാനങ്ങളിലിരുന്ന് ഈ സുഖം അനുഭവിക്കുന്നത് എനിക്കിത്രയല്ലേ ഉള്ളൂ പുണ്യം എനിക്കിത്രയൊക്കെ അല്ലേ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു എന്താണ് ഈ തൊഴിലാളി വർഗത്തിന് ബൂർഷുകളോട് തോന്നുന്നു ഒരവർഷം അത് തന്നെ എല്ലായിടത്തും ഉണ്ടത് പരോ ഉത്കർഷ അസഹൃഷ്ണ പരോ കർഷത്തെ സഹിക്കാൻ വയ്യാതിരിക്കുക അസഹിഷ്ണുത വരുന്നു അതുകൊണ്ട് തന്നെ എന്തായിരുന്നു സ്പർദ്ധ സർവർക്കും പരസ്പരം ഒരു സ്പർദ്ധയുണ്ട് പുണ്യമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ അവനൊരു ശല്യത്തിനും പോകുന്നില്ലല്ലോ അവൻ നമ്മളെ ശല്യത്തിനും വരുന്നു അവനെ അങ്ങനെ വിടാൻ പാട് ഇതെല്ലാം അവസാനിക്കുക പോയി സന്ത യാവത് പുണ്യക്ഷയോ ഭവേത് സന്താപ പുണ്യം ക്ഷയിക്കുമ്പോഴേക്കും അവന് സന്താപവും വരും അതും ചിന്തിക്കും പുണ്യം ക്ഷയിച്ചാൽ ഇതൊക്കെ നഷ്ടപ്പെടുമല്ലോ അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ക്ഷീണി പുണ്യെ വിസന്ധീതം മർത്യലോകം ചാനഭാവം ഇതൊരു നിയമമാണ് പുണ്യം ദച്ചാൽ മർത്യലോകത്തിൽ വരും അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ആരോട് ഏ ആ ഇന്ദ്രധൂതനോട് പറഞ്ഞു ശരി ഇങ്ങനെയാണ് സ്വർഗമെങ്കിൽ ഞാനെന്ത് ചെയ്യും മഹോഗ്രം ച തപക്കരുത്വ കളേപരം രക്ഷ്യാമി അഹം അശുദ്ധം ഹി ജീർണാം തോച്ചമീവ ഉരക ഈ പഴയകാലത്ത് ചില ഈ അസുരന്മാരക തപസ്സി അവരസുരന്മാര തപസ് എന്തെന്ന് വെച്ചാൽ ബ്രഹ്മാവിനെയോ അല്ലെങ്കിൽ ശിവനെയോ ഇതൊക്കെ പ്രസാദിപ്പിച്ചിട്ട് വരം വാങ്ങിയിട്ട് വലിയ ശക്തി സംഭരിച്ച് ദേവന്മാരെ ആക്രമിക്കാനാണ് ഇവരൊക്കെ പലപ്പോഴും വെറും മണ്ടന്മാരായിപ്പോ അതുകൊണ്ട് ഇവർ വരം കൊടുത്തിട്ട് അവസാനം ഈ വരത്തിൽ നിന്ന് ഇവർ തന്നെ കടന്നുപോടും ഈ ആസുരനെയിൽ നിന്ന് മണ്ടന്മാരായതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കും പക്ഷേ അങ്ങനെ അല്ലാതെ തപസ് ചെയ്യുന്നവരുണ്ട് മുക്തിക്ക് വേണ്ടി തപസ് ചെയ്യുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം തപസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് എന്താണ് തിക്ഷ്യാമ്യഹം അശുദ്ധം കളയപരം ഈ അശുദ്ധമായ ഈ ശരീരത്തെ ഞാൻ ത്യജിക്കും ത്യജിക്കുന്നത് വരെ തപസ് ചെയ്യും അപ്പൊ അവിടെ തപസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ശരീരം നശിക്കുന്നത് വരെ തപസ് ചെയ്യുക അതുവരെയുള്ള തപസ്സിൻ്റെ ഫലം കൊണ്ട് മോക്ഷത്തിനെ ഇടുക ഇതാണ് ഒരു തപസ് അപ്പോൾ ഈ തപസ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇപ്പം നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഏ മുറിയിലൊക്കെ താമസിച്ചിട്ട് തന്നെ ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും അവിടെ വേദന ഇവിടെ വേദന എല്ലാ അസുഖങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കും ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇവരവിടെ പോയായിരിക്കും ചികിത്സ ചെയ്യുന്നത് ഈ അസുഖങ്ങളൊക്കെ വന്നാൽ ഇവരെന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയത്തില്ല അപ്പൊ അതെന്താ പ്രശ്നം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തപസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയായി മരിക്കാൻ വേണ്ടിയിട്ടാണ് മരിക്കാൻ വേണ്ടിയ തപസ് ചെയ്യുന്നത് അതുകൊണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മരിക്കും എന്തെങ്കിലും അവശ്യതകൾ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ അവസാനിക്കുന്ന തപസ് മരണത്തിലാണ് അപ്പൊ അവരുടെ ദൃഢമായ വിശ്വാസമാണ് തപസ് ചെയ്ത് കഴിഞ്ഞാൽ മരിക്കും മരിച്ചാൽ മോക്ഷം ഇതാണ് ഇതാണ് ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം തപസ്സികൾ ഒരുപാടുണ്ടായിരുന്നു എന്നൊക്കെ അന്നത്തെ കഥകളിലൊക്കെ പറയുന്നുണ്ട് അതൊരു പ്രശ്നമേ അല്ല ഇവർക്കെന്താണ് തപസ്സിൽ എന്ത് സംഭവിക്കണം മരിക്കണം അപ്പൊ അസുഖം വന്നാലും മരിച്ച എന്താ നഷ്ടം മരിക്കണ മരണമാണല്ലോ ലക്ഷ്യം ഇവിടെ ഈ ശരീരത്തെ നശിപ്പിക്കുക മരിക്കുക തപസ് ചെയ്തുകൊണ്ടിരിക്കും ചാകും ചത്ത കഴിഞ്ഞാൽ തപസ് ചെയ്ത് ചത്താൻ മോക്ഷം ഇതാണ് വിശ്വാസം അപ്പൊ മരണം ഒരു പ്രശ്നമേ അല്ല അപ്പോൾ അതിൽ അതുകൊണ്ടല്ലേ ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതിൻ്റെ ഒരു ചെറിയ അത് അസുഖം വന്ന ഡോക്ടറെ കാണത്തില്ല മരുന്ന് കഴിക്കത്തില്ല മരുന്നിടത്ത് വെച്ച് കാണാവുന്നുറി ഇങ്ങനെയൊക്കെയുള്ള കഥ കേട്ടതിൻ്റെ ഒരു സ്വാധീനമാണ് പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല ഉപവാസം എടുക്കും എന്നിട്ട് ഇങ്ങനെ തവളയെ പോലെ ഉണങ്ങി പറ്റി വരണ്ട് തപസ്സി എന്നുള്ള രീതിയിലൊക്കെ നടക്കും ഇതൊക്കെ ഈ കഥകൾ കേട്ടതിൻ്റെ ഒരു ചെറിയ സ്വാധീനമുണ്ട് ഇവിടെയല്ല പലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ മരിക്കുക യാത്രയുള്ളൂ അപ്പൊ ഒരു പ്രശ്നമേ അല്ല ചത്തുപോട്ടെ അതാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട് അതുകൊണ്ട് പറഞ്ഞു നീ നിൻ്റെ ഈ വിമാനം പോയി കാര്യങ്ങൾ പറയുക എനിക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ദേവദേവന് എന്ത് ഈ കൊണ്ടുവന്ന എല്ലാ സാമഗ്രികളുമായിട്ട് തിരിച്ചുപോയി ഇതൊന്നും ഇതൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാണ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പുള്ളി അതിനും കൂടിയ വരുന്നില്ല ക്ഷണിച്ചിട്ട് അപ്പോൾ ദേവേന്ദ്രനും അതിശയമായി സാധാരണ മിക്കവാറുമല്ല ഇത് വീണ് പോകുന്നവരാണ് ഇയാളിങ്ങനെ വീണ് വീഴുന്നില്ലെങ്കിൽ ഇയാളുടെ എന്തോ കഴമ്പുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യണം നീ ഒരു കാര്യം ചെയ്യണം ഇയാളെയും കൂട്ടി എന്ത് ചെയ്യണം വാൽമീകിയുടെ ആശ്രമത്തിപ്പം എന്നിട്ട് വാൽമീകയോട് പറയണം ഇയാളിങ്ങനെ തപസ് ചെയ്ത് മരിക്കേണ്ട ആളല്ല ഇയാൾക്ക് തത്വജ്ഞാനത്തിന്റെ കുറവുണ്ട് അതുകൊണ്ട് തത്വജ്ഞാനം ഉദ്ദേശിക്കാൻ പറയണം ഈ കാര്യങ്ങളൊക്കെ പറയണം ഇങ്ങനെ തപസ് ചെയ്ത് മരിക്കരുത് അങ്ങനെയാണെങ്കിൽ തപസ് നല്ലത് തന്നെയാണ് ഉടനെ എന്ത് ചെയ്തു വീണ്ടും രാജദൂതൻ കാലിപ്പ്ളയിൽ നിന്നുമായിട്ട് പോയി മറ്റേ അവിടെ ഇറക്കി കാരണം അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇതും കൊണ്ട് അവിടെ ചെന്ന് കാര്യം പറഞ്ഞു എന്തിനിങ്ങനെ പറഞ്ഞു അപ്പോ രാജാവിന് തോന്നി യാതി രാജാവാണ് നിയമിക്കുന്നു തോന്നി പറഞ്ഞതിൽ എന്തോ ഒരു പോയി നോക്കാൻ നേരെ വാൽമീകിയുടെ ആശമർത്തിച്ചു എന്നിട്ട് വാത്മീകിയോട് പറഞ്ഞു എന്താണ് भगवन അമ്പത്തി ഒന്ന് ഭഗവൻ പ്രഷ്ടിച്ചാമി തത് അവിഘ്നേനമേവത സംസാരബന്ധ ദുഃഖാർത്തേ കഥം മുഞ്ചാമി തദ് പദ രാജാവ് ചോദിക്കുകയാണ് എനിക്ക് അങ്ങോട്ടുള്ളൊരു കാര്യം ചോദിക്കാനുണ്ട് സംസാര ബന്ധ ദുഃഖ ആർത്തിയിൽ നിന്നും എങ്ങനെയാണ് മോചിക്കുന്നത് അതിനൊരു വഴി പറയുക അപ്പോൾ പറയുന്നു വാൽമീകി പറയാണ് വാൽമീകി രൂപാച ശൃണുരാജൻ പ്രവക്ഷ്യാമി രാമായണമഖണ്ഡിതം ശുത്വ അവതാരി യത്നേന ജീവൻ മുക്തവും ഭവിഷ്യ തപസ് ചെയ്ത് മരിക്കുകയല്ല വേണ്ട വിനയോ ജീവിച്ചിരിക്കുമ്പോൾ മുക്തനാകുക അതാണ് ഇതാണ് രാജാവിൻ്റെ ഒരു ട്രെയിനിങ് പോയിന്റ് അതുവരെ രാജ എന്താണ് തപസ് ചെയ്ത് മരിക്കുക മരിച്ചതിന് ശേഷം മോക്ഷം ഇത് വാത്മീക്ക് മനസ്സിലാക്കി ഇയാളുടെ അസുഖം എന്താണ് അതാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യുക നീ തപസ്സ് ചെയ്ത് മരിക്കേണ്ടല്ല വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ മുക്തി എന്ന് പറയുന്ന ഈ ആശയം ആദ്യമായി അദ്വൈത സമ്പ്രദായത്തിൽ ആരാണ് ബാത്മീ എന്ന് ഈ കൃതി എഴുതിയ ആളാണ് ഭാഷ്യകാരനല്ല ഭാഷ്യകാരനല്ല ആശയം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ജീവൻ മുക്തി എന്ന് പറയുന്ന ഭാഷ്യത്തിലുള്ള ജീവൻ മുക്തി അല്ല ഈ വ്യത്യാസം ആൾക്കാർക്ക് അറിയത്തില്ല നമ്മൾ ഇന്നത്തെ ഈ മതപ്രഭാഷണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഈ ജീവൻ മുക്തിയെ തട്ടിവിട്ടിട്ടാണ് നമ്മൾ പിടിച്ചേക്കുന്നത് ശങ്കരാചാര്യ സിദ്ധാന്തം എന്നൊക്കെ പറയും ഇത് എന്താണ് ജീവൻ മുക്തി വാസിഷ്ടത്തിലെ സിദ്ധാന്തം ഇത് എഴുതിയാളുടെ സിദ്ധാന്തമാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ഭാഷകാലം പറയും ജീവൻ നേവ ബ്രഹ്മഭൂതവസൻ മോക്ഷം പ്രാപ്യനോദി ജീവിച്ചിരിക്കുമ്പം തന്നെ ബ്രഹ്മസ്വരൂപനായി മോക്ഷത്തെ പ്രാപിക്കുന്നു അവിടെ ജീവൻ മുക്തി എന്ന് പറഞ്ഞ അർത്ഥം വേറെ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ജീവൻ മുക്തിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം പറയാം ഭാഷ്യത്തിൽ ജീവിച്ചിരിക്കുന്നുവൻ മുക്തനാകുന്നുവെന്നൊരാശയം ഇല്ല എന്നല്ല അതുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരുപാട് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ വ്യത്യാസം അറിയാതെ അതാണ് ഇത് ഇതാണ് അതെന്നുള്ള ധാരണയിലാണ് രണ്ട് രണ്ടാണ് ഈ പറയുന്ന ഒരാശയമല്ല ഭാഷകാരൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ജീവൻ മുക്തന്മാരുണ്ട് ചൂടാലയും ജനകനും ഒക്കെ ജീവൻ മുക്തന്മാരാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും മുക്തരായി എന്നുവെച്ചാൽ ഈ ഗീതയിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയും ഗുണാതീത ലക്ഷണം പറയും ഉപനിഷത്തുകളിൽ എത്രയോ സ്ഥലത്ത് മുക്തിയെക്കുറിച്ച് പറയും അവിടെയൊക്കെ ഭാഷികാരൻ ചർച്ച ചെയ്യുന്ന രണ്ട് മുക്തിയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഒന്ന് സദ്യോ മുക്തി മറ്റൊന്ന് ക്രമമുക്തി ഇത് രണ്ടുമാണ് പറയുന്നത് അവിടെ നിന്ന് ഭാഷകാരൻ ജീവൻ മുക്തി എന്നുള്ള പദം പോലും ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് പറഞ്ഞാൽ കൊള്ളാം ഈ ഒരു വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല ജീവൻ മുക്തി എന്ന് കാരണം അവിടെ ഭാഷകാരന്റെ ധാരണ വേറെയാണ് ഭാഷകാരൻ പറയുന്നത് എന്താണ് അവിടെ മുക്തനും അമുക്തനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പോകേണ്ട അത് നമ്മൾ ചർച്ച ചെയ്തായതുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ പറയാം അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ജീവൻ മുക്തി എന്ന് പറയും നമ്മൾ ഇന്ന് ഈ പ്രസംഗിക്കുന്ന മുഴുവൻ വന്നതെവിടെ നിന്നാണ് ഇവിടെ പറയുന്ന ഈ ഗ്രന്ഥകർത്താവ് കൊണ്ടുവന്ന ഒരാശയം അപ്പോ ജീവൻ വേണ്ടി ഞാൻ എന്ത് രാമായണം അഖണ്ഡിതം രാമായണത്തെ നിനക്കൊന്ന് പറഞ്ഞു തരാം ഇവിടെ ഈ രാമായണം എന്ന് പറയുന്ന എന്താണ് ആദ്യം മത്സരം ആകേണ്ട രാമായണം എന്ന് പറയുന്ന സംസ്കൃത പദമാണ് മലയാളമല്ല ദൈവം ചെയ്ത് എന്നൊന്നും വ്യാഖ്യാനിച്ചുകള അബദ്ധമാണ് പരമാബദ്ധമാണ് മലയാളമാണെങ്കിൽ അങ്ങനെ പറയാം രാ മലയാളം മായണം അങ്ങനെ ഇനി അത് വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ വ്യാഖ്യാതാവർ നല്ല അർത്ഥം കൊടുത്തിട്ടുണ്ട് താഴെ അതിൻ്റെ താഴെ നോക്കുക ആറാമത്തെ പേജിൽ താഴേറ്റ അമ്പത്തിരണ്ടിൻ്റെ വ്യാഖ്യാനമായിട്ട് രാമായണത്തെ വിശദീകരിക്കുന്നുണ്ട് കൈകേകി വര അപദേശാ സ്വസ്ഥാന പ്രച്തസി രാമസ്യ വിജിത്യ പുനഃ സ്വസ്ഥാന ആയന അഭ്യുദയപ്രാപ്തിവത് ഇത്രയും ആദ്യം മനസ്സിലാക്കും ഞാൻ നൃത്തം നിർത്തി വായിച്ചാൽ നിങ്ങൾ കൂടെ വായിക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകമുള്ളവർ കൈകേരിയുടെ വരം നിമിത്തമായിട്ട് ബാക്കി കഥയൊക്കെ നമുക്കറിയാം അത് പറയേണ്ട ആവശ്യമില്ല സ്വസ്ഥാനാത് പ്രച്ുതസ് രാമസ്യ രാജൻ യുവരാ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടതാണ് നടന്നില്ല അതുകൊണ്ടാണ് ആ സ്ഥാനത്തിൽ നിന്നും പറയുന്നു കൈവിട്ടുപോയി നിമിത്തം എന്താ ആ കൈകേകിക്ക് കൊടുത്ത വരം അപ്പൊ അവിടെ ആദ്യം എന്താണ് ഒരു പ്രച്യുതി തൻ്റെ സ്ഥാനത്ത് നിന്ന് അതാണ് രാമന് സംഭവിച്ചത് അങ്ങനെയുള്ള രാമസ്യ രാക്ഷസാൻ വിജിത്യ പിന്നെ ചെയ്യുന്നു രാക്ഷസന്മാരെ എല്ലാം ജയിച്ചിട്ട് കൊന്നിട്ട് പുനഃ സ്വസ്ഥാന ആയന അഭ്യുദയപ്രാപ്തി സ്വസ്ഥാനത്തെ ആയനം അപ്പൊ അതിനെ തൊട്ടുമുമ്പ് എന്താവുന്നത് രാമസ്യ എന്നുള്ളതിനോട് അന്വേഷിക്കണം രാമസ്യ സ്വസ്ഥാന ആയനം അല്ല ആയനം രാമസ്യ സ്വസ്ഥാന ആയനം അതാണ് രാമായണം രാമൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചു ഇതാണ് രാമായണം രാമന്റെ സ്വസ്ഥാനം എന്തായിരുന്നു ആ രാജ്യപ്രാപ്തി അതിനെ രാമൻ പ്രാപിച്ചു ആ പ്രാപി രാമായണം രാമായണം എന്ന് പറയുന്നത് എന്താണ് രാമൻ ആദ്യം സ്വസ്ഥാനത്തിൽ നിന്ന് ചുതനായി പിന്നീട് എന്ത് ചെയ്തു രാമൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചു അപ്പൊ രാമന്റെ രാമസ്യ അയനം പ്രാപ്തി എന്തിനെ സ്വസ്ഥാനത്തെ പ്രാപിക്കുന്നു ഇതാണ് രാമായണം ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അപ്പൊ എന്താണോ അയനം അല്ലെങ്കിൽ ആയന രണ്ടായനും കുഴപ്പമുണ്ട് കാരണം രാമ ആയനായാലും രാമായണവും രാമ ആയനായാലും രാമായണവും വരുന്നില്ല രാമൻ്റെ സ്ഥാനപ്രാപ്തി ഇതാണ് രാമായണ കഥ എന്ന് പറയുന്നത് പ്രാപ്തി പ്രാപിക്കൽ നഷ്ടപ്പെട്ടതിന് വീണ്ടെടുക്കൽ അങ്ങനെ കേട്ടില്ല അയപ്രാപണേ എന്നും വരാം ഈ ഗു രണ്ടെന്നും വരാം അതാണ് എന്താണ് രണ്ടും കത്തി ഇതാണ് രാമായണം അത് അഭ്യുദയപ്രാപ്തിയാണ് നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തു ഇതാണ് രാമായണം ഇനി ഇവിടുത്തെ രാമായണം എന്ന് പറഞ്ഞാൽ എന്താ അത് വാൽമീകിയുടെ പഴയ രാമായണം പുതിയ രാമായണോ അതാണ് അടുത്ത് പറയുന്നത് പ്രാപ്തികൾ ശാപ അപദേശാൽ സ്വരൂപാൽ പ്രചുതസ് തസ്യ വശിഷ്ഠ ഉപദേശാത് അജ്ഞാനാദി രാക്ഷസാന്നിഹത്യ പുന സ്വസ്വരൂപ അവാപ്തി അഭ്യുദയം പ്രാപ്തി അഭ്യുതയ പ്രതിപാദകത്വ അത് അന്വർത്ഥനാമകം ഗ്രന്ഥം രാമായണം ഇനി ഇവിടെ രാമായണം എന്തുകൊണ്ട് വന്നു അത് പാപ അപദേശാദ് പാപ ശാപം അതുപോലെ ശാപം ശാപ അപദേശാദ് ശാപം നിമിത്തമായി ആ ശാപം എന്താണെന്ന് ഇനി വരുന്ന ഭാഗത്ത് തന്നെ പറയും അതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നു അതിവിടെ പറയും വാൽമീകി തന്നെ പറയും എന്താണ് ശാപം ആ നിമിത്തമായി സ്വരൂപാത് പ്രച്തസ് അസ്യ രാമസ്യ രാമൻ അവിടെ എന്തായി സ്വരൂപത്തിൽ നിന്ന് പ്രച്ുതി ഉണ്ടായി എന്നിട്ട് അജ്ഞാനിയായി അതാണ് ഇവിടെ പറയുന്നത് രാമൻ ശാപം കൊണ്ട് അജ്ഞാനിയായി അങ്ങനെയുള്ള രാമന് വസിഷ്ഠ ഉപദേശ വസിഷ്ഠന്റെ ഉപദേശം കൊണ്ട് അജ്ഞാനാദി രാക്ഷസാൻ നിഹത്യ രാമൻ എന്ത് ചെയ്യുന്നു അജ്ഞാനം രാക്ഷസന്മാരെ എല്ലാം ഹനിച്ചിട്ട് പുനഃ സ്വസ്വരൂപ അവാപ്തി വീണ്ടും എന്ത് ചെയ്യുന്നു സ്വസ്വരൂപ അവാപ്തി ഈ രാമായണം അവസാനിക്കുന്നത് തുടക്കത്തിൽ രാമൻ്റെ അജ്ഞാനത്തെക്കുറിച്ച് ബോധിപ്പിച്ചുകൊണ്ടും എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും പിന്നീട് അവസാനം എന്ത് ചെയ്യുന്നു ഇവിടെ പറയുന്ന പോലെ ജീവൻ മുക്തി പദത്തെ പ്രാപിച്ചതായിട്ടാണ് ഈ രാമായണ കഥ അപ്പൊ ഇവിടെ എന്താണ് രാമശയനമാണ് രാമന്റെ സ്വരൂപപ്രാപ്തിയാണ് ഇപ്പൊ രണ്ടിടത്ത് രാമായണം യോജിക്കും അതുകൊണ്ട് രാമായണം എന്ന് പറയുന്ന ഈ പദം അന്വർത്ഥമാണ് അവിടെ രാമന്റെ രാജ്യപ്രാപ്തിയാണെങ്കിൽ ഇവിടെ രാമന്റെ സ്വരൂപപ്രാപ്തി അതാണ് അതാണ് പ്രതിപാദകത്വം അന്വർത്ഥനാമകം ഗ്രന്ഥം രാമായണം ശ്രുത്വ അത് മൊത്തത്തിലെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പോക്കിനെ കുറിച്ച് പറയണം ശ്രുത്വ രാമായണം ശ്രുത്വ ശ്രവണേന ശ്രവണം കൊണ്ട് പ്രമാണാദ്യ അസംഭാവന പ്രമാണ അസംഭാവന ഈ പറയുന്ന ആത്മതത്വത്തിന് സ്വരൂപപ്രാപ്തിക്ക് എന്തെങ്കിലും പ്രമാണം ഉണ്ടോ പ്രമാണം ഇല്ല എന്നുള്ള അതാണ് അസംഭാവന പ്രമാണത്തിന് സാധ്യതയില്ല എന്ന് പറയുന്നതിന് ശ്രവണം കൊണ്ട് നിഷേധിക്കുന്നു ശ്രവണത്തിലൂടെ മനസ്സിലാക്കും ഈ പറയുന്ന തത്വത്തിനും മോക്ഷത്തിനുമെല്ലാം പ്രമാണം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു മനെ അത് അസംഭാവന പ്രമാണത്തെ സംബന്ധിച്ചുള്ള അസംഭാവനയെ നീക്കുന്നു പ്രമാണം ഇല്ല എന്നുള്ള ധാരണയെ നീക്കുന്നു അതാണ് ശ്രവണത്തിൻ്റെ പ്രയോജനം പിന്നെ മനനേനതു അവതാര്യ പ്രമേയ അസംഭാവന മനനത്തിൻ്റെ പ്രയോ പ്രയോജനം എന്താണെന്നുള്ളത് മനനം കൊണ്ട് തത്വത്തെ നിശ്ചയിക്കുന്നു അതുകൊണ്ട് പ്രമേയത്തെക്കുറിച്ചുള്ള അസംഭാവനയെ നിരാകരിക്കുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രമേയമില്ല ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വം ഇല്ല അതുകൊണ്ട് അതിൻ്റെ ജ്ഞാനം കൊണ്ട് മോക്ഷം സംഭവിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ധാരണകളെ ഇല്ലാതാക്കും സംഭാവനകളെ സംഭാവന എന്ന് പറഞ്ഞാൽ സംഭവിക്കാനുള്ള സാധ്യത അസംഭാവന എന്ന് വെച്ചാൽ അതിനുള്ള സാധ്യതയില്ല അപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ധരിക്കുന്ന എന്താണ് ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നില്ല മോക്ഷവുമില്ല അതാണ് സാധാരണ മനുഷ്യൻ്റെ അസംഭാവന അതിനെ മനനം കൊണ്ട് നിർത്തുന്നു അപ്പം നിങ്ങൾ എന്തുകൊണ്ടുണ്ടെന്ന് പറയുന്നു അതിന് പ്രമാണോ എന്താ പ്രമാണം ശ്രുതി പ്രമാണം അപ്പോൾ ഒരാൾ ധരിക്കുന്ന എന്താണ് അങ്ങനെ ഒരു പ്രമാണമില്ല അത് സാധാരണ മനുഷ്യനല്ല വലിയ പണ്ഡിതന്മാരൊക്കെ തന്നെ അങ്ങനെ ധരിക്കുന്നു അത് പറയുന്ന ബ്രഹ്മത്തെ അംഗീകരിക്കാത്തവരുണ്ട് പണ്ഡിതന്മാർ അപ്പൊ അതിനെയും നിഷേധിക്കുന്നു പ്രമാണമില്ല എന്നുള്ള അസംഭാവനയും നിഷേധിക്കുന്നു ഇപ്പൊ പ്രമാണ അസംഭാവനയെ ശ്രമണം കൊണ്ട് പ്രമേയ അസംഭാവനയെ മനനം കൊണ്ട് പിന്നെ യത്നേന നിതിധ്യാസനേന വിപരീത ഭാവനാം ചന്ദ ഇനി വിപരീത ഭാവന അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു അതെങ്ങനെ അതിനെന്ത് സംഭവിക്കണം അതിന് സാക്ഷാത്കാരം സംഭവിക്കണം അതിന് സാക്ഷാത്കാരേണം അപ്പൊ ഇതിത്രയും ആണ് ഈ വാസിഷ്ടത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വിപരീത ഭാവന എന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ചമാണ് സത്യം സംസാരമാണ് സത്യം എന്നുള്ള ഈ ബുദ്ധി ഇതിനെ മാറ്റുക ഇതല്ല സത്യം ബ്രഹ്മമാണ് സത്യം അപ്പോ വിപരീത ഭാവനയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിഹാസനാവശ്യമാണ് ഈ ഒരു രീതിയിലാണ് പക്ഷികാരം പറയുന്നത് അപ്പൊ ശ്രവണം കൊണ്ട് പ്രമാണത്തെ സംബന്ധിച്ചുള്ള അസംഭാവനയെ മാറ്റുന്നു മനനം കൊണ്ട് പ്രമേയത്വത്തോട് സംബന്ധിച്ചുള്ള സംഭാവനയെ മാറ്റുന്നു നീത്യാസനം കൊണ്ട് വിപരീത ഭാവന പ്രപഞ്ച സത്യമാണ് എന്നുള്ള ഈ ഭാവനയെ മാറ്റുന്നു അതിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മസത്യമാണെന്നുള്ള സാക്ഷാത്കാരമുണ്ട് കാരണം നീത്യാസനം എന്ന് പറയുന്നത് പണിയാണ് നിത്യാസനം എന്ന് പറയുന്നത് ശരവണ മനനത്തിന് ശേഷം നിരന്തരമായി അഭ്യസിക്കേണ്ട ഒന്നാണ് നിത്യാസനം ധ്യാനം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം സാക്ഷാത്കാരം സംഭവിക്കണം അപ്പോഴാണ് പ്രപഞ്ച സത്യത്വ ബുദ്ധി മാത്രമല്ല പ്രപഞ്ച പ്രതീതി മാറി അവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും ആ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് സാക്ഷാത്കാര രൂപത്തിലുള്ള ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് നിധ്യാസനം കൊണ്ടാണ് പ്രപഞ്ച സമാധിയിൽ പ്രപഞ്ച പ്രതീതിയില്ല നിങ്ങൾ യോഗം പഠിക്കുന്നവരല്ലേ ആ സമാധി വരാൻ കുഴപ്പമൊന്നുമില്ല സമാധിയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വന്നിട്ട് എന്ത് ചെയ്യും നമ്മളെയൊക്കെ പോലെ തന്നെ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യും വീണ്ടും സമാധി പോവും എന്താ പ്രശ്നം സമാധി ഇരിക്കുമ്പം പ്രതീതിയില്ല സമാധി ഇരിക്കുമ്പം പ്രതീതിയില്ല അങ്ങനെ ഇരുന്നിരുന്ന അവസാനം എന്ത് ചെയ്യും വി സമാധി പൂട്ടിക്കൂട്ടിയ അവസാനം ബ്രഹ്മവിദ് പരിഷ്ഠനാവും പ്രതി പൂർണ്ണമായും നഷ്ടപ്പെടും ഇത് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ വിദ്യാരണിസ്വാമിയുടെ ജീവൻ മുക്തി വിവേകം വായിച്ചു ഈ വിദ്യാരണസ്വാമിക്ക് അത് എവിടെ നിന്ന് കിട്ടി വാസിഷ്ഠത്തിൽ നിന്നാണ് വാസിഷ്ഠത്തെ അവിടെ സുലഭമായി കോട്ടിയും അതാണ് വാസിഷ്ഠത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഭാഷ്യത്തിൽ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അതെ ജനകൻ്റെ കാര്യമല്ല യോജ് ഈ പറയുന്ന കാര്യം അതൊക്കെ വേറെ നിങ്ങളുടെ വ്യാഖ്യാനം തന്നെ ഞാൻ ചോദിക്കുന്നത് ഭാഷ്യത്തിൽ ഈ പറയുന്ന കാര്യം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ത് ശ്രവണം കൊണ്ട് പ്രമാണ അസംഭാവനയെ നീട്ടണം മനനം കൊണ്ട് പ്രമേയ അസംഭാവനയെ നീട്ടണം നിത്യാസനത്തിലൂടെ സാക്ഷാത്കാരം കൊണ്ട് വിപരീത ഭാവനയെ നിവർത്തിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഭാഷയത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ ചോദിച്ചത് അപ്പോൾ അത് എങ്ങനെ വന്നു പക്ഷേ ഇന്ന് അദ്വൈതം പ്രസംഗിക്കുന്നവരെല്ലാം പറയുന്ന എന്താണ് ഈ കാര്യമാണ് ഇത് വന്നത് വാസിഷ്ടത്തിൽ നിന്ന് തിരിച്ചറിയണം ഭാഷകാരൻ്റെ ചിന്താരീതി ഇങ്ങനെ അല്ല ഈ രീതിയിലൊന്നുമല്ല എന്നാൽ അതിൻ്റെ വ്യത്യാസം വളരെ സൂക്ഷ്മമാണ് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ തർക്കിക്കാൻ വരും എന്താണ് അത് പല തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ബോധവൽക്കരിക്കാനും പ്രയാസം ഒരുപാട് ബ്രെയിൻ കറപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് രണ്ടും വെച്ചിട്ടൊന്ന് താരത്മയുമായി ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഭാഷകാരൻ ഇങ്ങനെ ഒരു ആശയമേ ഇല്ല ഇത് അവതരിപ്പിച്ച് ഈ വേദാന്തികളെയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കി ആരാണോ ആരാണ് ആരാണ് ഞാനാണ് ഞാനറിഞ്ഞിട്ട് വെറുതെ അല്ല പറയുന്നത് ആരാണ് വിദ്യാരണി സ്വാമി വിദ്യാരണി സ്വാമിയാണ് ജീവൻ മുക്തി വിവേകം എഴുതിയിട്ട് ഇങ്ങനെയുള്ള ഈ ആശയങ്ങൾ കൊണ്ടുവന്ന് ശരി ആശയത്തിലെന്താ ദോഷവും ഒരു ദോഷവുമില്ല ആശയമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതുപോലെ നടപ്പുള്ളതാണോ അതാണ് പ്രശ്നം ഇത് ഈ പ്രസംഗി ഈ പ്രസംഗിക്കുന്ന ആരെങ്കിലും ഇതുപോലെ നടപ്പിലാക്കി എടുക്കാറുണ്ട് അവിടെയാണ് പ്രശ്നം നടപ്പിലാക്കിയാ പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ബ്രഹ്മ വരിഷ്ഠനും നാക്ക് പൊങ്ങത്തില്ല അവിടെയല്ലേ പ്രശ്നം അസംപ്രജ്ഞാത സമാധിയാണ് അയാൾക്ക് പറയാനേ പറ്റത്തില്ല അതന്നെ ഞാൻ പറയുന്നു ഇത് പറയാൻ എളുപ്പമാണെന്ന് തന്നെ ഞാനും പറയുന്നു പിന്നെ പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ ആര് പറഞ്ഞാലും ശരി പറയാൻ എളുപ്പമെന്നാണ് രാമൻ പറഞ്ഞാലും കൃഷ്ണൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും പറയാൻ എളുപ്പമാണ് ചെയ്യാൻ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ അഭിപ്രായ വ്യത്യാസം പറയുന്ന കാര്യത്തിൽ ഞാൻ ഇത്രയും സമയം പറഞ്ഞില്ലേ വിവരീത ഭാവന പോയെന്ന് നീത്യാസനം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിപരീത ഭവനവും നീദ്യാസനവും അതെന്തോ ആയിക്കൊള്ളട്ടെ നമ്മളിതിൻ്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാകും ദാറ്റ് ഈസ് നോട്ട് ക്ലിയർ ഹിയർ നോർമലി അറ്റ് എൻഡ് ഓഫ് ദി സ്റ്റോറി conclusion is like that he attained something like that attained brahm the word is not used here but he attained nirvana or mukti that is here more than that nothing is clear here so i cannot answer for that question hmm ആ ഇതിൽ പറയുന്ന എല്ലാവരും ഈ ഉപദേശം കേൾക്കുന്ന എല്ലാവരും അവസാനം പറയുന്ന എല്ലാവരെക്കുറിച്ചും എല്ലാവരും മുക്തന്മാരാണെന്ന് എല്ലാവരും എല്ലാവരെ കുറിച്ചും എന്താണ് എല്ലാവരും നിർമ്മാണത്തെ പ്രാപിച്ചതെന്ന് തന്നെയാണ് അത് പിന്നെ എങ്ങനെ എന്ന് എന്ന് ചോദിച്ചു പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ഭാഷകാരൻ പറയുന്നതിൽ നിന്നും വളരെ വളരെ അകലെയാണ് ഇതിലെ കാര്യങ്ങൾ പിന്നെ ഇത് അപ്രായോഗികമാണെന്ന് ഞാൻ പറയുന്നതെന്നും നിങ്ങൾ ധരിക്കരുത് രണ്ടിനും വ്യത്യാസം ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾ പ്രായോഗികമാണെങ്കിൽ ആയിക്കോട്ടെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതല്ല ആ ഭാഷകാരം പറയുന്നതെന്നുള്ള വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു ഭാഷ എടുത്തു വെച്ച് വ്യാഖ്യാനിച്ചിട്ട് ഇതോടെ ചേർത്ത് വിളമ്പിക്കഴിഞ്ഞാൽ ആൾക്കാരെ അത് ആശയക്കുഴപ്പാക്കിയുള്ളൂ ഈ പറയുന്നവന് യാതൊരു ഗുണവും ഉണ്ടാവില്ല പറയുന്നവന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ വിപരീത ഭാവന പോയില്ല എന്നുള്ളതിന് തെളിവ് അതാണ് ഇനി ഭാഷകാരൻ പറയുന്ന സമ്യക് ദർശനം സമ്യക് ദർശന ഭാഷകാരൻ എന്താ പറയുന്നത് സന്യക് ദർശനാ സന്യാസിന സന്യാസിമാർക്ക് മുക്തി ഉണ്ടാകുമെന്ന് പറയും സമ്യക് ദർശനമുണ്ട് ഇതാണ് ഭാഷകാരം പറയുന്നത് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് മനസംസ്കരണമുണ്ട് ഇവിടെ പറയുന്നത് ഇനി പറയും മനവും നാശമാണ് മനസ്സിനെ സംസ്കരിക്കുകയല്ല മനസ്സംസ്കരണം പറയുന്നത് രണ്ടിലും ഒരുപോലെ തന്നെ മനസ്സിനെങ്ങനെ സംസ്കരിക്കുന്നത് കർമ്മയോഗമുണ്ട് അത് രണ്ടിലും പറയുന്നുണ്ട് പക്ഷേ ഭാഷകാരം പറയാത്ത ഒരു കാര്യമാണ് എന്ത് മനോനാശം മനസ്സിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം അത് ഇവിടുത്തെ ഒരു അറ്റകൈപ്രയോഗമാണ് എന്താണ് അറ്റകൈപ്രയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മനു കടുത്ത ഒരു പ്രയോഗമാണ് മനോനാശം യോഗം യോഗത്തിൻ്റെയാണ് അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് ഈ മനോനാശം എന്ന് പറയുന്ന ഒരു പ്രയോഗമൊക്കെ വന്നത് ബ്രെയിനിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടെന്നാണ് ധാരണ എൻ്റെ ധാരണയാണ് എനിക്ക് പ്രസവത്തിലുള്ളതല്ല ചിലപ്പോൾ തെറ്റായിരിക്കാം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വശിഷ്ഠം പറയുന്നു എന്താണ് ശ്രുത്വ അവതാര്യ യത്നേന ജീവൻ മുക്തോ ഭവിഷ്യത്തിൽ നീ ഇത് കേട്ട് എല്ലാം നല്ലവണ്ണം ഉറപ്പിച്ച് ജീവൻ മുക്തോ ഭവിഷ്യതി ഈ ജീവൻ മുക്തൻ ആയിത്തീരോ അപ്പോൾ ഉറപ്പാണല്ലോ അരുഷ്ഠനവേ ജീവൻ മുക്തനാവുമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ ജീവിച്ചിരിക്കുന്ന മുക്തനാവും ആയിരിക്കാം അവസാനം ഒരു ഒഴുക്കം പട്ടി പറയും ശരി അരിഷ്ടനിവിയുടെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയും വസിഷ്ഠരാമ സംവാദം മോക്ഷോപായ കഥാം ശുഭാം ജ്ഞാതസ്വഭാവോ രാജേന്ദ്ര വധാമി ശ്രൂയതാം ബുധ ഞാനീ ഒരു കാര്യങ്ങൾ പറയാം ഞാനത് ഈ വാസിഷ്ഠം ലഘുയോഗ വാസിഷ്ടം ആദ്യം കേൾക്കുന്നത് സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടാണ് അപ്പോ സാറിത് കുറേ കാലം ക്ലാസ് എടുത്തിരുന്നു വളരെ രസകരമായ ക്ലാസ്സാണ് സാറിൻ്റെ ക്ലാസ് സാറ് എൻ്റെ ഏറ്റവും എന്താണ് ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായി സ്വീകരിച്ചിരുന്നതും വാസുഷ്ടത്തെയാണ് അത് സാറിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അപ്പോൾ സാറ് ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അതിൽ സാറ് പറഞ്ഞ് പറഞ്ഞ് ലയിച്ച് എന്താണ് എന്നിട്ട് അവസാനം പറയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും മുക്തരായെന്ന് ഒരാളെയും വിടത്തില്ല ആൾക്കാർക്കപ്പോൾ ഒരു സംശയമില്ലാതെ തോന്നുന്നു ഞങ്ങളെല്ലാവരും മുക്തരായിരുന്നു എഴുന്നേറ്റ് പോകുമ്പോഴാണ് പിന്നെ പ്രശ്നം വരുന്നത് വാസിഷ്ടത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആരാണ് അത് വായിച്ചിട്ട് അത് എന്താണ് സവർക്കർ സവർക്കറുടെ ജീവരിത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം വാസിഷ്ടം വായിച്ച് ചെറിയ പ്രായത്തിൽ അദ്ദേഹം വായിച്ച് വായിച്ച് വായിച്ച് വായിച്ച് പറയുന്ന എൻ്റെ പിടിവിട്ടുപോയി ഞാൻ വാസിഷ്ടത്തിൽ ആഴ്ന്നുപോയി മുഴുകിപ്പോയി അങ്ങനൊരു ശേഷി ഈ ഗ്രന്ഥത്തിനുണ്ട് അപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഈ പറയുന്ന തരത്തെ തന്നെ പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലായി ഞാൻ ഞാനല്ലാതായി മാറി വാസിഷ്ടം കേട്ട് കേട്ട് കാരണം മനസ്സ് താധാന്യപ്പെടുന്നതാണ് അപ്പോൾ ഇതിനങ്ങോട്ട് താതാമ്യപ്പെട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയണം എൻ്റെ കർണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുന്നത് ഞാൻ വീണ്ടും പഴയാളി തന്നെയായി കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ല മനസ്സ് താതാമ്യപ്പെടുന്നത് താതാന്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അത് എന്താണോ കാരണം ഇതിൻ്റെ ഒരു കാൽപ്പനികതയുണ്ട് ഈ കാൽപ്പനികത എന്ന് പറയുന്നത് മനുഷ്യനെന്തെയും അങ്ങനെ മനുഷ്യ അറിയാതെ തന്നെ അങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോകും ആ കാൽപ്പനികതയോട് മനുഷ്യൻ താതെപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് ഒരു വാർത്ത ഞാൻ വായിച്ചത് ഒരു സീരിയലിൽ അമ്മാവി മരുവകളെ ഒരുപാട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ട് ഈ അമ്മാവിയായി അവർ പിന്നെ അഭിനയിച്ച സ്ത്രീ ഒരു സൂപ്പർ സാധനം വാങ്ങാൻ ചെന്നിപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു സ്ത്രീ അവരെ കയറി അടിച്ച് അടി നിനക്ക് ഇത്രയും ക്രൂരത്തെ എങ്ങനെ കാണിക്കാൻ തോന്നി ഇത് കഥയല്ല ഇത്രയും കാണിക്കാൻ അമ്മമാടുള്ള ഞങ്ങളൊക്കെ അമ്മായിമാരാണ് എന്ന് പറഞ്ഞ് അടിച്ച് അവരെ എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെ തല്ലി അപ്പൊ കാൽപ്പനികത മനുഷ്യനെവിടെ കൊണ്ടുപോകുന്നുള്ളതാണ് അതിനോട് ഇങ്ങനെ താതാത്മ്യപ്പെട്ട മനുഷ്യരെന്തെയും അങ്ങനെയൊക്കെ ഒരു പെട്ടെന്നുള്ള ചേഞ്ചുകൾ സംഭവിക്കാം അപ്പോ അതുകൊണ്ട് കാര്യമില്ലല്ലോ അതാണ് സവർക്കർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്റെ കർണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം പഴയതുപോലെ തന്നെയാണ് ഞാൻ പഴയ ആളായി മാറിയത് ഒന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എത്ര തവണ അതിനെ പറയാനുണ്ടോ ഞാൻ ഇതിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറായിരുന്നു കുറേ കാല അതുകൊണ്ടല്ലേ എനിക്ക് ഇതൊന്ന് നിങ്ങളോടും പറയണമെന്ന് തോന്നിയത് വെറുതെ അല്ല പക്ഷേ ഈ എന്താണ് ബാലകൃഷ്ണനാഥ സാറിൻ്റെ ആ ശക്തി എനിക്കില്ല ദൈവ് എന്ന് വെച്ചാൽ ഇതിൽ ജീവിച്ച ആളാണ് അത് പിന്നെ ഒരു പ്രത്യേകത തന്നെയാണ് ശരി